കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ കുറച്ചുപേരെയുള്ള പുറത്തുനിന്ന് കേൾക്കുന്ന ചിലരുണ്ട് ഒരുപാട് ആളൊന്നുമില്ല വിരൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് ഒരു പ്രധാന പ്രശ്നം പലർക്കും പലതും മനസ്സിലാവുന്നില്ല എന്നുള്ള പറയുന്നത് അത് പറയുന്ന കാര്യങ്ങൾ വളരെ ആഴമുള്ളത് കൊണ്ടോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അല്ല മറിച്ച് പുതുമയുള്ളതുകൊണ്ട് പലരും ആൾക്കാർ കഴിക്കുന്ന പുതിയതായിരുന്നു പലരും ട്രെയിൻഡായിരിക്കും ഈ ട്രഡീഷണൽ സ്പിരിച്വാലിറ്റി ഞാനും വർഷങ്ങളോളം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പുതിയൊരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ആൾക്കാർക്ക് എത്തി മുമ്പോ പറഞ്ഞാലല്ല ഇപ്പൊ പറയുന്നു ഐശ്വര്യം ഇന്നത്തെ സൈക്കോളജിയിൽ എന്തു പറയുന്നു ഇന്നത്തെ ഫിലോസഫീഴ്സ് എന്ത് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയ നോർക്കും പൊരുത്തപ്പെടത്തില്ല അതെൻ്റെ ഒരു പ്രശ്നമാണ് അതങ്ങനെ മനുഷ്യൻ അറിഞ്ഞും ചിന്തിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിറകിലോട്ട് പോകുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളും ആൾക്കാർക്ക് അതുകൊണ്ടത് സംശയം കൊണ്ട് ഇങ്ങനെ പറയുന്നു പിന്നെ സബ്സിൽ നോക്കുന്നവർ അതിൽ ആധുനികമായ വിഷയങ്ങൾ പഠിക്കുന്നവരും അവർക്കൊരു പ്രശ്നമുണ്ട് അവർ ഈ ആധുനികമായ വിഷയങ്ങളൊന്നും വിഷയങ്ങളായിട്ട് പഠിക്കത്തില്ല നേരിട്ട് മറിച്ച് ഈ സാമ്യമാരുടെ പ്രഭാഷണങ്ങളൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റ് ചെയ്ത് സംസാരിക്കും പൊതുവെ ഒരു ട്രെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ദർശനങ്ങളും നമ്മുടെ ആത്മീയയും ഇന്നത്തെ ഈ ആധുനികമായ ചിന്തകളും നമ്മൾ പൊരുത്തക്കേട് വന്നു ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടില്ല പൊതുവേ ഇത്തരത്തിലൊരു ട്രെൻഡിൽ സാധാരണമാർഗാക്കി ചോദിച്ചു പിന്നെ യോജിപ്പിക്കാൻ യോജിപ്പിക്കാൻ പഴയത് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല അത് എസ്റ്റാബ്ലിഷ്ഡായ കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളിൽ അവരെന്തെയും ട്വിസ്റ്റ് ചെയ്തു പു പുതിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വളരെ സ്വതന്ത്രമാണല്ലോ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണ് അപ്പോ അതെല്ലാം ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എടുത്തിട്ട് പഴയതിനോട് യോജിപ്പിക്കുക അത് ആത്യന്തികമായി കുഴപ്പത്തിൽ ചെന്ന് ചാടും അതൊന്നും ആൾക്കാർക്ക് സയൻസിന് പേരെ സിയുഡോ സയൻസ് അവിടെയാണ് പ്രശ്നം വരും അങ്ങനെയുള്ള ഈ സംശയങ്ങൾ ഒരാളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും മറുപടി പറയണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് ഒരു മണിക്കൂറ് സംസാരിക്കുകയോ സംസാരിക്കല്ല വേറെ വഴിയും ഞാൻ പറയും സംശയങ്ങളൊന്നും പേഴ്സണലായ സംശയങ്ങൾക്കൊന്നും മറുപടി എനിക്ക് അധ്വാനിക്കാനും സമയം അങ്ങനെ സംശയങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറയും മറുപടി എന്തൊക്കെ സംശയങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഞാൻ അങ്ങനെയാണ് ഇത് തുടർന്നു പോകും ഞാൻ ആ കാര്യം പറയാറുള്ളതോ പലപ്പോഴും ഞാൻ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു അതാണ് പുതിയ വിഷയങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ ബോധപൂർവം പോകുന്നതല്ല അപ്പോൾ കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രധാനമായൊരു കാര്യം കണ്ടൻമെന്റ് എന്നുള്ളൊരു വാക്ക് സാധാരണ ഭാഷയിൽ അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലവരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മതി ഒരു തൃപ്തി അത് സാറ്റിസ്ഫാക്ഷനെക്കാളും മെച്ചപ്പെട്ട ഈ രീതിയിലാണ് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത് പക്ഷെ സൈക്കോളജിയിൽ തന്നെ വ്യത്യാസം പ്രത്യേകിച്ചും അത് മീനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ മീനിങ്ങിനെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞ ദിവസം മീനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സോഷ്യൽ ഓറിയന്റഡായ ഒരു കാര്യമാണ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഓറിയന്റഡാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രവൃത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി സമൂഹവുമായി ബന്ധപ്പെട്ടാണ് കാരണം കുറെ ഓഡിയൻസ് അവരോട് ബന്ധപ്പെട്ടു അത് കേവലം വ്യക്തിനിഷ്ഠമായൊരു കാര്യമുണ്ട് അതാണ് മീനിങ്ങിന്റെ പ്രത്യേകത ഇതൊരു പ്രവൃത്തിയാണ് അപ്പൊ അത് അർത്ഥവത്തായിരിക്കണം എന്നെ ഞാൻ കഴിഞ്ഞാണ് വിശദീകരിച്ചത് ആ കണ്ടൻമെന്റ് എന്ന് പറയുന്നത് അത് വ്യക്തിനിഷ്ഠമാണ് ഗ്രഹിക്കുന്നു എനിക്ക് ഞാൻ സംതൃപ്തനായിരിക്കണം ഇന്നർ പീസ് എനിക്കെപ്പോഴും എന്റെ ഉള്ളിൽ സമാധാനം നിലനിർത്തണം ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് കുറച്ചുകൂടി നമ്മുടെ ആധ്യാത്മികമായ രീതിയിലാണ് പ്രേ പറയുന്നത് എന്റെ മനസ്സ് ശുദ്ധമായിരിക്കും അപ്പോ ഇവിടെ സംഭവിക്കുന്ന സോഷ്യൽ ഐസൊലേഷനാണ് സമൂഹത്തിൽ നിന്നപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ഏത് പ്രവർത്തനമായാലും ശരി നമ്മുടെ ട്രഡീഷണലായ രീതി അനുസരിച്ച് മനസ്സിന് ഒരാഗന്ദ്വേഷങ്ങളുണ്ടാവും അനുകൂലവും പ്രതികൂലവും ഉണ്ടാവും അപ്പം മനസ്സ് മലിനമാകും സമൂഹത്തിൽ നിന്ന് മാറിയിക്കുക അപ്പോൾ ഇന്നർ പീസ് നിലനിർത്തുക സംതൃപ്തമായ ജീവിതം ഇതാണ് മറ്റങ്ങനെയല്ല സമൂഹമായിട്ടും നിരന്തരം എൻഗേജ്മെന്റ് സമൂഹമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നു ം പറഞ്ഞ കാര്യങ്ങൾ അവർക്കാൻ മനസ്സിലായി അതെ ഞാൻ വിശദീകരിക്ക ചോദ്യം ഇത്രയാണ് ഞാനീ പറഞ്ഞ കണ്ടോൺമെന്റ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചു ഞാൻ ശരിക്കും മനസ്സിലാക്കി പറഞ്ഞാണോ ഞാനതിന് പറഞ്ഞെന്താണ് കണ്ടോൺമെന്റ് വെച്ചാൽ മതി എന്നോട് ഒരു ഓർമ്മയുണ്ടോ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആത്മീയ മടിയന്മാരുടെ ആ ഇതാണ് ആൾക്കാരെ പ്രബോപിപ്പിച്ചത് എന്റെ വാക്കിനെങ്കിലും സ്വഭാവം വെറുതെ ആൾക്കാരെ പ്രബോധിപ്പിച്ചു ആത്മീയ മടിയന്മാരെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇതാണ് ആൾക്കാരെ പ്രബോപിപ്പിച്ചത് ചോദ്യം ഇതാണ് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നാണ് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള അത് ചോദ്യകർത്ത ഉദ്ദേശിക്കുന്ന കണ്ടൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു അർത്ഥമുള്ള കാര്യമാണ് അതായത് ഈ ആത്മീയ മടിയന്മാരുടെ ആത്മതീയെന്നുള്ള ഒരു മനോഭാവം അല്ലാതെ അങ്ങനെ അതിനെ ചുരുക്കാൻ പാടില്ലാത്തതാണ് അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാൻ പോകുന്നത് കാരണം ഞാനത് പറഞ്ഞത് മീനിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഇത് തന്നെയാണ് നമ്മുടെ ദർശനം പ്രത്യേകിച്ചും അഭ്യയ ദർശനത്തിന്റെ വലിയൊരു പ്രശ്നം ഇത് തന്നെ ഇപ്പോ മീനിക എന്ന് പറയുന്ന സമൂഹമായിട്ട് ബന്ധപ്പെട്ടാണ് അതെ നിസാരമായി നോക്കിയിട്ട് ഞാനിപ്പോൾ ഇരുന്നു പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സമൂഹമായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഗുഹയിൽ പോകേണ്ടി അവിടെ ഇരിക്കേണ്ടി അപ്പൊ പിന്നെ എനിക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ല ശങ്കരായര് പറഞ്ഞു അതാണ് എല്ലാ പ്രവൃത്തികളും അപേക്ഷിച്ചില്ല പഠിപ്പീര് പോലും ിച്ചിട്ട് അവിടെ കണ്ടെന്റ് അത് നിലനിർത്തണം എന്നുവെച്ചാൽ ആന്തരികമായ ശാന്തി സമാധാനം ഇതൊക്കെ നിലനിർത്തണം കർമ്മങ്ങളായാലും ശല്യം ചെയ്യുന്നതിന് കർമ്മങ്ങളെ ഉപേക്ഷിക്കുക കർമ്മങ്ങളില്ലാതെ ജീവിത ഒരു പ്രശ്നമായിരിക്കും അതിനാണ് ശങ്കരാരൂപി ഭിക്ഷ കിട്ടുമോ കിട്ടും എന്തുകൊണ്ട് ശങ്കരാരോഹച്ച് വിശ്വസിക്കുന്നത് ചാതുരോടിന്റെ വ്യവസ്ഥയിലാണ് ആ ചാതുറിൻ്റെ വ്യവസ്ഥയിലാണ് വരുന്നത് ധർമ്മം ആ ധർമ്മത്തിന്റെ ഭാഗമാണ് സന്യാസിക്ക് ഭിക്ഷ കൊടുക്കുകയെന്ന് പറയുന്നത് നടന്നു കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ഈ തുണിയൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരും ഇവിടെ ഒന്ന് പൊതുവേ പറയുന്ന ഒരു പരാതിയാണ് ഞാനും പറഞ്ഞിട്ട് കേട്ടോ കേരളത്തിൽ വന്നു കഴിഞ്ഞാല് സന്യാസിമാർക്ക് വെള്ളം പോലും കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട് പറഞ്ഞ പോലെയൊക്കെ നടപ്പും ഇതൊരു നിരന്തരമുള്ളൊരു പരാതി ശരിയാണ് എന്തുകൊണ്ട് ഈ ചാതുർ വർണ്ണയത്തിൻ്റെ കുറെയെങ്കിലും സ്വാധീനം ഉള്ളിടത്ത് ഈ സന്യാസം എന്ന് പറയുന്ന പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് കറങ്ങി കിടക്കുന്ന ആൾക്കാർ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി അതില്ലാത്തൊരുത്തൊന്നും നടക്കത്തില്ല ഇനി കേരളത്തിലേക്ക് ചാതുർ വർണ്ണയം കൊണ്ടുവന്നിട്ട് ജനങ്ങളെയൊക്കെ പ്രബുദ്ധരാക്കി സന്യാസിമാരുടെ അപ്പോൾ ഫ്രീ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച നല്ലൊരു ആഗ്രഹമാണ് നടന്നാൽ കൊള്ളാം നമ്മളൊന്നും കാണത്തില്ല നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും കേരളത്തിൽ സന്യാസി ആയാലും ഭക്ഷണം കഴിക്കേണ്ടി അധ്വാനിച്ചു അവിടെ കറിഞ്ഞിടന്നാലും അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണോ സെൽഫ് ഓറിയന്റായിട്ടുള്ള ഈ കണ്ടമെന്റ് അതിനാണ് ചന്ദ്രാചര്യ പ്രാധാന്യം നിങ്ങളിങ്ങനെ ഇരുന്ന് ശ്രവണവും മലിനൊക്കെ ചെയ്ത ഒരു തരത്തിലുള്ള സോഷ്യൽ ഓറിയന്റേഷനും ഉണ്ടായി സമൂഹത്തോട് യാതൊരു കമിറ്റ്മെന്റും ഉണ്ടായി ഒരു തരത്തിലുള്ള പ്രചോദനവും അതിനുവേണ്ടിയിട്ടുള്ള ഇല്ലാതെ ഒരൊറ്റ കാര്യം മാത്രം ശമ്മതമാദികളോടുകൂടി ഇരുന്ന് ഇങ്ങനെ ചെയ്യുക അത് സെൽഫ് ഓറിയന്റഡ് താൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഈ പറയുന്ന ്മെന്റ് ഇന്നത്തെ സൈക്കോളജിയുടെ ഭാഷയിൽ പറയുന്നത് സൈക്കോളോജിക്കൽ ഹൈജീൻ എന്നാണ് മനസ്സിലായത് സൈക്കോളോജിക്കൽ ഹൈജീൻ എന്നുവെച്ചാൽ അയാൾ എന്താണ് ശ്രദ്ധിക്കേണ്ടെങ്കിലേക്ക് മനസ്സിന് രാഗമോ ദ്വേഷമോ മമതയോ എന്തെങ്കിലും വരുന്നുണ്ടോ അത് ശ്രദ്ധിക്കാതെ വരാൻ പാടില്ല അതിനെ ഒഴിവാക്കണം അതിനോട് ശ്രമം മലണങ്ങളെല്ലാം ഉള്ളിലെന്തായിരിക്കണം ശാന്തിയായിരിക്കണം ഇതെല്ലാം സൈക്കോളജിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അന്നങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇന്നതൊക്കെ തിരിച്ചറിയുന്നു അതെ യഥശുദ്ധി എന്ന് ഞാൻ ഇന്നത്തെ ഭാഷ പറഞ്ഞാണ് സൈക്കോളോജിക്കൽ ഹൈജീൻ പഴയ കാലത്ത് നമ്മൾ ചിത്തശുദ്ധിയാണ് ഞാൻ കണ്ടുപിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഈ കണ്ടൻമെന്റ് ഇത് ഗ്യാരന്റീഡാണോ എന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി നേടി ശരോൺ മലണങ്ങളൊക്കെ നടത്തി ആത്മബോധം ഉണ്ടായി സർവകർമ്മങ്ങളെയും ത്യജിച്ച് അതിന് മുമ്പോ പിമ്പോ സന്യാസ നിഷ്ഠ ആത്മജ്ഞാനപൂർവകമായ സർവകർമ്മ സന്യാസ നിഷ്ഠയിലേക്കുക ഒരാൾക്ക് പോലും ഈ പറയുന്ന കണ്ടൈൻമെന്റ് ഗ്യാരണ്ടീഡാണ് അല്ല എന്ന് ശങ്കരാർ പറയുന്നില്ല കാരണം ആ ഗ്യാരണ്ടീഡാണെങ്കിൽ അതിന് മുക്തി എന്ന് പറയും അതാണ് മുക്തി ഈ മുക്തി എന്ന് പറയുന്നത് ശരിക്കും ഈ സൈക്കോളോജിക്കൽ ഹൈജീൻ ആണ് അതിൽ സംഗ്രഹർക്ക് ഉറപ്പൊന്നുമില്ല അതൊന്ന് പറഞ്ഞെന്താണ് മരണശേഷമാണ് മുഖ്യമുക്തി അവിടെ പിന്നെ ഒരു പ്രശ്നം കേവലമായ ബ്രഹ്മം മാത്രം അപ്പോ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാണ് മനസ്സിലാക്കാതെ പറഞ്ഞു അദ്വൈതവും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞു ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ സ്പിരിച്വാലിറ്റി പറയുന്ന ഇതാണ് പ്രത്യേകിച്ചും അദ്വൈതീസറോ ബ്രഹ്മ സന്യാസോ പറയുമ്പോൾ അവിടെ ജീവിതത്തിന്റെ മീനിങ് അതിനെത്തേജിക്കാനാ മതി ഈ സോഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് ഉപേക്ഷിക്കാനാവില്ല എന്നാൽ അതുകൊണ്ട് ഈ പറയുന്ന കണ്ടൺമെന്റ് സാധ്യമാകുമോ അതിലുറപ്പും അതിന് ഗ്യാരണ്ടി ഒന്ന് സംഗ്രഹത്തിന്റെ അഭിപ്രായമാണ് ഞാൻ അത് മരണശേഷം ആണ് ബാക്കി കാര്യങ്ങളെല്ലാം മരണത്തിന് ഇഷ്ടമെടുത്തിട്ടുണ്ട് ഇപ്പോ ഒരാള് ശ്രമിക്കണമെന്താണ് മനസ്സിലെല്ലാവശ്യങ്ങളൊന്നും ഇന്നർപീസ് ആന്തരികമായ ശാന്തി അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെ എളുപ്പം സാധിച്ചെടുക്കാം എന്നുള്ളൊരു കാര്യമുണ്ട് ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ എന്നുള്ള ഇപ്പോ ജീവിതത്തിലൂടെ മറ്റൊരു പ്രചോദനമില്ലാത്ത ജീവിതമാണ് ഒരു പ്രചോദനം കൊണ്ടാണ് കുതിയിൽ പോയിരിക്കുന്നത് മറ്റൊരു കമ്മിറ്റ്മെന്റ് ഇല്ല അതാണ് അപ്പോ ഇതിനെ വേണമെങ്കിൽ ഒരാൾക്ക് ഇതിനെ ഒരു ടൂളായിട്ട് വേണമെങ്കിൽ പരിഗണിക്കുക പക്ഷേ ഈ ഹൈജീൻ എന്ന് പറയുന്നതിന് ഒരു വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ സാധാരണ ലോകത്ത് കാണുന്ന കാര്യമാണ് ചില വ്യക്തികൾ അവര് ബാത്റൂമിലൊക്കെ ഏറിയാൽ ടാങ്കി കിടക്കുന്ന വെള്ളം കൊള്ളും തീർത്തിട്ടേ പുറത്തിറങ്ങും എന്താണ് കുളിച്ചുകൊണ്ടേയിരിക്കും വൃത്തിയായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും വൃത്തിയാകത്തില്ല വാഷ്ബേസിൻ ടാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകിക്കൊണ്ടേയിരിക്കും കൈ ഒരിക്കലും വൃത്തിയാകത്തില്ല ഇതിനെന്താ ഒരു പേര് പറയുന്നത് പോസിഡി എന്ന് പറയും അപ്പോ ശുചിത്വത്തിനു വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നാൽ ഒരിക്കലും ശുചിയായി എന്ന് ബോധ്യം വരാതിരിക്കുക ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറും ഈ അടുത്ത കാലത്തൊരാൾ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വായിട്ട് കേൾക്കും നമ്മുടെ ഇപ്പോൾ ഫീൽഡല്ല നല്ല ഡോക്ടറെ കാണിക്കുക അത് മാറാവുന്ന സംഭവമാണ് ട്രീറ്റ്മെന്റ് ചെയ്ത മാറി അല്ലാതെ ഇതിന്റെ പരിഹാരത്തിന് ഇതിനോ ആശ്രമത്തിൽ പോയി താമസിക്കുകയോ സാധനങ്ങളൊക്കെ ഒന്നും കേട്ടിട്ടുണ്ടോ വലിയ ആശ്രമത്തിൽ പോയാൽ അവർ ജീവിതകാലം പോലും ഇതുപോലെ ശുചിത്വത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വിഷയം എന്തിന്റെയാണ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഈ സ്വാമിമാരൊക്കെ എപ്പിസ്റ്റമോളജി കൈകാര്യം ചെയ്യുന്നവരാണ് ജ്ഞാനശാസ്ത്രം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റും സൈക്കോളജി നമ്മുടെ വിഷയമേ അല്ല അതിന്റെ എക്സ്പെർട്ടുകൾ ഇവിടെ ചെയ്യാൻ കൈകാര്യത്തി അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുമായിട്ടുള്ള ആശ്രമങ്ങളിലൊന്നും വീട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ വിഷയങ്ങളെപ്പോലെയുള്ളവരുടെ ആശ്രമം പിന്നെ അവര് ഡോക്ടറെ പോയി കണ്ടു പിന്നെ എന്നോട് പറഞ്ഞാൽ ഇപ്പം അവര് വ്യത്യാസമുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ സൈക്കോളജി നമ്മള് ട്രെയിൻഡല്ല ിസ്റ്റമോളജി ട്രെയിൻഡാണ് ഒരുപാട് വർഷം അത് പരിശ്രമിച്ചു ഞാന സാ എന്റെ രണ്ടില മേഖല വേറെയാണ് അപ്പോ ബാഹ്യമായി ഈ ശുചിത്വം എന്ന് പറയുന്നത് സ്വയം ഒരു പ്രശ്നമായി തീരുന്നത് പോലെ തന്നെ തനിക്കന്നെ ഒരു ഈ ആന്തരികമായ ശുചിത്വം ഈ സൈക്കോളജിക്കൽ ഹൈജീനി ഹൈജീൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമെന്നാണ് ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ ഈ നിരന്തരം ചിത്തശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഇതൊരു പ്രശ്നം എന്നാണ് പറയുന്നത് ഈ കണ്ടൈൻമെന്റ് പറയുന്നത് എന്താണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തികളും വിട്ടിട്ട് എല്ലാ പ്രവർത്തികളും വിട്ടിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് കൂടുതലാണ് ഒരു ലേസ് ഓവറാണ് അത്ര ഞാൻ പറയും ഇതൊരു വലിയ അർബന്റിയൻ ഐഡിയ ആയിട്ടാണ് ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ കാറ്റഗറി ഡിഫറൻസാണ് മനസ്സിലായത് ജ്ഞാനശാസ്ത്രം ഏത് ഭാഗമാണ് കൈകാര്യം ചെയ്യുകയാണ് സൈക്കോളജി എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യത്യാസം മനസ്സിലാവുക ആ കാറ്റഗറി ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നല്ല ഇതൊരു വിപ്ലവകരമായ ആശയം നമ്മൾ ചിന്തിക്കുന്നു ോഷണം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പറയുക ഇതിനെല്ലാം കൂടെയായിട്ട് കൂട്ടിക്കൊളിച്ചു എങ്ങനെ തന്നെ കാറ്റഗറി ഇറക്കുന്നു അതാണ് നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നോട് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് കാറ്റഗറി ഇറാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിട്ടിട്ട് ആന്തരികമായ ശാന്തി സമാധാനം ഇതിനുവേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുകയാണ് സ്വന്തം ശാന്തി സമാധാനത്തിന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന എന്തോ വെച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രയോഗിക്കും അപ്പോ ഇത് ഇതുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സ്റ്റാഗ്യുലേഷൻ സംഭവിക്കും അയാള് തിരിച്ചറിയണമെന്നൊന്നുമില്ല അതെന്തായാലും അത് സംഭവിക്കുന്നു അപ്പോ ജീവിതം അയാൾ സ്വയം അംഗീകരിച്ചില്ലെങ്കിലും ജീവിതം എന്ന് പറയുന്ന ഒരു ഹോളോ ആയി മാറുന്നു ഹോളോ ബ്രിക്സ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉള്ള് പുള്ളയായിട്ടില്ല കാരണം എന്തുകൊണ്ട് നിരന്തരം അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹൈജീൻ നിരന്തരം ശ്രമിക്കുന്നു അർത്ഥം എന്താണ് സാധിക്കുന്നില്ലെന്നില്ല സാധിക്കുന്നില്ലെന്നാണ് അപ്പോ തൻ്റെ പ്രവൃത്തികൾ കാര്യമായ ഫലം കൊടുക്കാതെ വരുമ്പോൾ ഒരാൾക്ക് സ്വയം എന്ന് തോന്നും ജീവിതം ശൂന്യമാണ് എന്ന് തോന്നും വേണ്ടത്ര ഫലം ചെയ്യുന്നു വേണ്ടത്ര ഫലം ചെയ്യാൻ സാധ്യതയില്ല സാധ്യതയില്ല എന്ന് ശങ്കരായ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ മരിച്ചതിന് ശേഷം ശരിയായി പോകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വലിയ ദാർശനിക്കും അപ്പൊ ഇത് എന്താണ് ഇവിടുത്തെ ഈ ഘടനാപരമായ വ്യത്യാസം അതിനാണ് കയറ്റകര ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഘടനാപരമായ വ്യത്യാസം മനസ്സിലാക്കാതെ വരുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇനി ഇവിടെ നമ്മൾ ശരിക്കും നമ്മളെന്താഗ്രഹിക്കുന്നു കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളവിടെ ഗ്രഹിക്കുന്ന ഒരു കംഫർട്ടബിൾ ലൈഫാണ് ലൈഫ് കംഫർട്ടായിരിക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കും ഇപ്പൊ നമ്മുടെ മറ്റ് പ്രവൃത്തികളൊക്കെ വിട്ടിട്ട് നമ്മളിരുന്ന് നമ്മുടെ ലൈഫിനെ കംഫർട്ടാകാൻ ശ്രമിച്ചതാകും എന്നത് ഒരിക്കലും ആകത്തില്ല കാരണം ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളുടെ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതമെന്ന് പറയുന്ന കംഫർട്ടാകാറുള്ളൂ പ്രാഥമികമായ ആവശ്യം ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ ആർഭാടങ്ങൾ തൊട്ടോ ഭൗതികമായ അസക്തിയെ കുറിച്ചൊന്നും മിനിമം കാര്യങ്ങളും അതുകൂടെ ചേരുമ്പോഴാണ് ജീവിതം ഒന്നും പറഞ്ഞാൽ കംഫർട്ട് ഉണ്ടാകുന്നത് അതൊന്നുമില്ലാതെ കേവലം മാനസികമായി ജീവിതത്തെ കംഫർട്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം ചന്ദ്ര അറിയാൻ പോകുന്നത് പോയി വിഷയം എടുക്കും ജാതി പ്രതി നടന്നേ അത് നടക്കും അതില്ലെങ്കിൽ അത് കണ്ടെന്മെന്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യ പറഞ്ഞിടം വരെ അത് നിക്കത്തുള്ള ശേഷം ചിന്തിക്കും ബാക്കിയെല്ലാം കംഫർട്ടുള്ള മരണശേഷം മരിക്കുന്നതുവരെ എന്താണ് കണ്ടന്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കംഫർട്ടുണ്ടാകും കുറച്ച് ഡിസ്കംഫർട്ടുണ്ടാകും കുറേയൊക്കെ നമ്മൾ സംതൃപ്തരായിരിക്കും കുറെയൊക്കെ അസംതൃപ്തരായിരിക്കും അപ്പോൾ ബാക്കി നമ്മുടെ മീനിങ് ഇല്ലാത്തവരു ജീവിതം അർത്ഥവത്വം അല്ലാത്തൊരു ജീവിതം കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരു ജീവിതം ഓറിയന്റേഷൻ ഇല്ലാത്ത ഒരു ജീവിതം അങ്ങനെ ഒരു ജീവിതത്തിലൂടെ അത് സാധിച്ചെടുക്കുക എന്ന് വിചാരിക്കുന്നത് വിജയിക്കത്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണിയന്മാരുടെ ഒരു ഏർപ്പാടാണ് ഇത് പറയേണ്ടതാണ് ഇനി മറുവശത്തേക്ക് പോകണം ജീവിതത്തിന്റെ മറ്റൊരു വശമാണ് മീനിങ് എന്നുള്ളത് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുകയോ അത് ചെയ്യുന്ന പ്രവൃത്തി വലുതോ ചെറുതോ എന്നുള്ള ചെറുതായാലും വരുന്ന തനിക്കത് കഴിയുന്നത്ര കാലം തനിക്ക് പറ്റിയൊരു പ്രവൃത്തി കാരണം മനുഷ്യന്റെ തൊഴിൽ മേഖലകളിൽ നിന്ന് വളരെ വിപുലമാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ വേറെ ആൾ ചെയ്യണമെന്നില്ല ഏത് പ്രവൃത്തിയാലും ശരി അത് തനിക്ക് താങ്ങാവുന്ന ഒരു പ്രവൃത്തി തന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പ്രവൃത്തി തനിക്ക് പൊരുത്തപ്പെടാവുന്ന ഒരു പ്രവൃത്തി തന്റെ ധാർമ്മികമായ കാഴ്ചപ്പാടിന് എതിര് നിൽക്കാത്ത ഒരു പ്രവൃത്തി പ്രവർത്തിക്കുക അങ്ങനെ ചില ഇതൊക്കെ വേണം അത് വാല്യു ഓറിയന്റഡായിരിക്കും എന്നാലും നമുക്ക് അത് സംതൃപ്തി എടുത്തു മോഷണം നടത്തുക കുറ്റബോധം ഇല്ലാതിരിക്കുക അത് രണ്ടും കൂടെ നടക്കില്ല മോഷണം നടത്തിയ ഒരു കുറ്റബോധം വരും മോഷിക്കാതെ ജീവിക്കുകയാണെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ള കുറ്റബോധം തരത്തില്ല ഇതാണ് വാല്യൂ ഓറിയന്റ് അങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ് അത് സഫറിംഗ്സ് ഉണ്ടാവും ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ആ പ്രവൃത്തി നിങ്ങൾ അങ്ങനെ പ്രവൃത്തി നിങ്ങൾ മുഴുകി ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും നിങ്ങൾ ഈ സ്വപ്നം കാണുന്ന ഇന്നർവീസ് എന്നൊക്കെ പറയും അത് ചെറുപ്പം നഷ്ടപ്പെട്ടെന്നിരിക്കും അപ്പോൾ കണ്ടൻമെന്റ് എന്ന് പറയുന്നത് എന്താണ് അതിന് എത്ര അർത്ഥമുള്ള നമ്മുടെ ആന്തരികമായി നമ്മൾ ഹൈജീൻ അതിനല്ല ശ്രദ്ധിക്കുന്നു നമ്മളൊരു മെയിൻ്റെനൻസ് ചെയ്യുന്നു നമ്മുടെ ഉള്ളിനെ വന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്നു അത്രയുള്ളൂ പുറമെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവിടെ ചിലപ്പോൾ സാക്രിഫൈസ് ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മുടെ കംഫർട്ടുകൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി എന്നാലേ അത് മീനിങ്ഫുൾ ആകും അപ്പോ മീനിങ് എന്ന് പറയുന്നത് ലൈഫ് ഡയറക്ഷനാണ് കണ്ടന്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അതൊരു ടൂളാണ് അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ഒരു മെയിന്റനൻസ് ഇങ്ങനെ ഇത് രണ്ടു കൂടെ കൊണ്ടുപോകാൻ പറ്റും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നു അല്ലാതെ നമ്മള് കണ്ടന്മെന്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെ കാണുകയും അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുകയും ചെയ്ത് കഴിഞ്ഞ് ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളായി തീരത്തേ ഉള്ളൂ ഒന്നാമത് ജീവിതം അർത്ഥശീലമായിട്ടും അതാണ് ഹോളോ എന്ന് പറയുന്നത് ജീവിതം വിരസമായി തരും ഇവിടെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നാണ് അയാളുടെ ജീവിതത്തിലൊരു പ്രചോദനം ഉണ്ടാവട്ടെ അയാൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിൽ അയാൾക്ക് എൻകറേജ് ആവാൻ പറ്റത്തില്ല അയാൾക്ക് സോഷ്യൽ ഐസൊലേഷനാണ് സമൂഹത്തിൽ നിന്ന് അയാൾ വേർപൊട്ടും മേണ മാനസികമായ പല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കും പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ മെയിൻ്റെനൻസ് നമ്മൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം അത് സെൽഫ് എവിഡൻസ് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും നമ്മുടെ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നു എന്നുള്ളത് വേറൊരാൾക്ക് മനസ്സിലാകാൻ പറ്റും അതിനവനവൻ തന്നെ സാക്ഷി അതുകൊണ്ട് മീനിങ് ഇല്ലാതെ ഉള്ള ഒരു കണ്ണും പെട്ടെന്ന് പറയുന്നതാണ് ഞാൻ ശരിയല്ല അമ്മ അതാണ് അനസന്മാരെന്നുള്ള വാക്കി ഞാൻ ഉപയോഗിച്ചത് ചോദ്യം ചോദിച്ചവരത് മനസിലായി അലസന്റെ കണ്ടൻമെന്റ് എന്ന് പറയാൻ കാരണമത് പ്രവൃത്തി എന്ന് പറയുന്നത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്നത് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് മീനിങ് ഫുൾ ആണെന്ന് അത് നമ്മുടെ പലപ്പോഴും ഡിസ്റ്റർബൻസ് ചെയ്യും ഉറപ്പായിട്ടില്ല അതിന് നമുക്ക് സാക്രിഫൈസ് ആവശ്യമാണ് നമ്മുടെ അസുഖങ്ങളോടും സൗകര്യങ്ങളോടും ഒക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി അവിടെ ഒരു ട്രേഡ് ഓഫർ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മൂത്താണ് നമ്മൾ കരുതുന്നുണ്ട് പക്ഷെ അപ്പോൾ നമ്മുടെ ആന്തരികമായ സമാധാനം അതിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും ആന്തരികമായ ശാന്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ മതപ്രഭാഷണത്തെ അടിച്ചുവടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയാറില്ലേ അതിനും കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ സംഭവിക്കും അപ്പൊ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അതാണ് നമ്മൾക്ക് ആന്തരികമായി വരുന്ന അസ്വസ്ഥത അത് മെയിൻ്റെനൻസ് നടത്തുമ്പോഴും വരുന്ന അസ്വസ്ഥതെന്ന് പറയുന്നത് അങ്ങനെ കണ്ടാകും അപ്പോൾ ആണ് ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ടാവും നമ്മള് ജീവിതത്തിൽ ത്യാഗം എന്ന് പറയുന്നു എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഒരു കംഫർട്ടായ ജീവിതം അനുവദിച്ചിട്ടാണ് നമ്മൾ ത്യജിക്കുന്നത് ഭാര്യയും മക്കളുമൊക്കെ ഉള്ളവർ അവരെ അപേക്ഷിക്കുന്നു ഭർത്താവ് ഉപേക്ഷിക്കുന്നു അല്ലാത്തവർ കുടുംബം ഉപേക്ഷിക്കുന്നു അവര് എന്താണ് വളരെ കംഫർട്ടബിളായ ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു എന്നാതൊന്നും നേടുന്നുണ്ടോ ഇല്ല അതൊന്നുമില്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കും മുമ്പില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ നേരിടുന്നു അത്രയോ ആശ്രമത്തിൽ വന്ന് ജീവിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ തിരിച്ചറിവ് ഇതാണ് എന്താണ് വീടും ആശ്രമമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊരു ശരിയായിട്ടുള്ള തിരിച്ചറിവാണ് ഇന്നെന്ത് ചെയ്യും തിരിച്ചു പോകാൻ അവിടെ കയറ്റത്തില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് എപ്പോഴാണ് ഒരു വാക്ക് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് ചാടാൻ ഒരു ഇടവും ചാടിപ്പോവാൻ ഒരു വഴിയും കാണും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അപ്പോ പിന്നെ എന്താണ് അവിടെ ചെയ്യാന്നുള്ളത് ജീവിതത്തെ മീനിങ് ഫുള്ള കംഫർട്ടല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന നമ്മളെ തന്നെ ഒന്ന് മെയിന്റനൻസ് ചെയ്തു അത് കുറച്ച് സൗകര്യങ്ങളും അസൗകര്യങ്ങളും എല്ലാം വരും എന്ന് പറയുമ്പോൾ അതാണ് ഞാനിപ്പോൾ എൻ്റെ വണ്ടി മെയിന്റനൻസ് ചെയ്യാൻ എന്താ പുതിയതാണ് ഒരിക്കലും കുറേക്ക് അതിൽ കുറച്ച് പേര് അടിക്കും കുറെ പാഴ്സൊക്കെ മാറ്റും പഴയതെന്തായാലും അകത്തും അങ്ങനെ മെയിന്റൻസ് ചെയ്ത് ഓടിക്കുമ്പോൾ അതിനൊരു കംഫർട്ടബിൾ അത്രയും സാധിക്കും അപ്പം പഴയ കുറച്ചുകൂടെ എല്ലാം ഒന്ന് വണ്ടി ഒന്ന് സ്മൂത്താവും കുറച്ചു കാലങ്ങളിലും വീണ്ടും മെയിന്റനൻസ് അതുപോലെയാണ് ലൈഫെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊന്ന് സംഭവിക്കുന്നു നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അനുഭവത്തിൽ നിന്നൊന്നും പഠിക്കാത്ത വെറും കിഴങ്ങന്മാരുണ്ട് അവരെ കുറിച്ചല്ല പറയുന്നു ഒരു സിഷ്ടുണ്ടെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ല ജീവിതത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങളും യോജിച്ചു പോയാൽ കുറിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ പറ്റും അങ്ങനെ ജീവിതം അർത്ഥവത്താവും അപ്പൊ ജീവിത എണ്ണം പ്രചോദനം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ഊളിക്കാൻ തോന്നത്തില്ല ഒളിഞ്ഞിരിക്കാൻ തോന്നത്തില്ല എന്തെങ്കിലും പ്രവർത്തിക്കാൻ തോന്നും നമ്മുടെ ശേഷിക്കും ചെയ്യുന്നതിനോടൊരു കമ്മിറ്റ്മെന്റ് വരും അവിടെ ത്യാഗത്തിന് തയ്യാറാകും അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറാവും ആന്തരികമായ സമാധാന സ്വസ്ഥയിലേക്ക് നഷ്ടപ്പെടും അതിനെ മെയിന്റൻസ് ചെയ്ത് വീണ്ടും മുമ്പോട്ട് പോകും അങ്ങനെ പോകുന്നതാണ് ആന്തരികമായ കണ്ടെന്മെന്റ് എന്ന് പറയുന്നത് അലസമായി ചെയ്തിട്ട് ഞാൻ എന്നെല്ലെന്തോ ഒരു കണ്ടൺമെന്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വ്യാജഭാവനകളിൽ ജീവിക്കുന്നതല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോ അർത്ഥവത്തായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് തികച്ചും അത് വാല്യൂ ഓറിയറിൽ എന്നുവെച്ചാൽ നമ്മുടെ ശരികൾ നമ്മുടെ ബോധ്യങ്ങൾ അതിന് ഉറച്ചു നിന്ന് ഒരാൾ മുമ്പോട്ട് പോകണം തന്റെ ഇന്നർ ഫ്രീഡം അത് പ്രത്യേകം മനസ്സിലാക്കി അതുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റൂ ഇന്നൊരു ഫിഡമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണത് വ്യക്തമായി പറഞ്ഞത് ആ ഭയം പോലെയുള്ള വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കും അതാണ് ഇന്നൽ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടോ പറയാനുണ്ട് കേൾക്കുന്ന ആര് നിങ്ങളെന്നൊന്നും അത് ഞാൻ പറയുമ്പോ എന്റെ ബോധ്യത്തിനനുസരിച്ച് പറയും എന്റെ ഫ്രീഡത്തിനനുസരിച്ച് പറയും അപ്പോ ഞാൻ പറയുന്നതിനോടുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ എനിക്ക് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാകും ഞാൻ എന്നെ മെയിന്റനൻസ് നടത്തും മറിച്ച് ഇങ്ങനെ എന്താ പറയേണ്ടത് ഞങ്ങൾ പറയും പോലെ പറയണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സാധിക്കില്ല ഇവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പൊളിറ്റിക്സിനനുസരിച്ച് പറയാതെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കാരണം എന്നെ നിയന്ത്രിക്കുന്നത് എന്തെങ്കിലും ഭീതിയോ ആശങ്കകളോ ഒന്നുമല്ല എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ വിവേകവും എന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ പറയുമ്പോ ചിലപ്പോ എനിക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ത്യജിക്കേണ്ടി വരും അത് കണ്ടുകൊണ്ട് തന്നെ പറയുന്നു അപ്പൊ അതിനാണ് ഞാൻ ജീവിതത്തിന്റെ അർത്ഥം എന്ന് കാണുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ എന്നെ മാതൃക ആക്കാൻ വേണ്ടി പറയുന്ന ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നിരന്തരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനത്തിൽ നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്നും നമ്മുടെ നേടിയെടുക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ അറിവുകൾ അതിനെ നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം അതൊക്കെ വേണ്ടെന്ന് വയ്ക്കാം പിന്നെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളെന്താണ് ആദരവ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ അതൊക്കെ നമുക്ക് വേണ്ടെന്ന് ചോദിക്കാം അതിൻ്റെയൊന്നും ആവശ്യമില്ല ൾക്കാർ സുവിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സുഖിക്കും എത്ര പേർ സുഖിക്കുന്നോ അത്രയും നമുക്ക് കൂടുതൽ ആദരവും അംഗീകാരവും ഒക്കെ സമൂഹത്തെ പെട്ടു അത് വേണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പ്രഷർ ചെയ്യരുത് എന്താണോ ഇങ്ങനെ സംസാരിക്കണം ഇന്നതെ പറയാവും ബാക്കി ഞങ്ങളെ അനുവദിക്കില്ല എന്ന് പ്രഷർ ചെയ്യാൻ നോക്കരുത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ അർത്ഥവത്തായിട്ടാണ് കാണുന്നത് അതിന് സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തിന് ഞാനൊരു പൊതുവായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അത് നിങ്ങൾ വേറെ അർത്ഥവും കൽപ്പിക്കരുത് നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നത് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്തമായി എടുക്കുക ഉള്ളിൽ നമ്മുടെ മെയിൻ്റനൻസും നടക്കുക അപ്പൊ രണ്ടും വരും ഒന്ന് അത് മീനിങ് ഫുൾ ആയ ലൈഫായിരിക്കും മറ്റൊന്ന് അതിൽ കണ്ടമെന്റും ഉണ്ടായി ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു അതുപോലെ നിങ്ങളും ചെയ്യണമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അതില് നമുക്കിതെല്ലാം വരും എന്താണോ കണ്ടമെന്റ് ഉണ്ടാവും ഹാപ്പിനെസ് ഉണ്ടാവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും ഇതൊന്നും നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല ജീവിതത്തിൽ അതിനേതായ വില കൽപ്പിച്ചാൽ മതി എന്റെ അതിൽ കൂടിയ വിലയൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല സാറിന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആധ്യാത്മികതയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്ലിസ് ഇന്നത്തെ പഠനങ്ങളിലനുസരിച്ച് ബ്ലിസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ എന്താ മനസ്സിന്റെ ഏതെങ്കിലും ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് അല്ല ബ്ലിസ് പോയി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒത്തു വന്നു കഴിഞ്ഞാൽ ആ ജീവിതം ബ്ലിസ് കൊണ്ടുവരണം നിന്നുപയോഗിക്കുന്ന മറ്റൊരു പേരാണ് സാധാരണ വെൽ ബീ ഇതൊക്കെ പറയുന്ന പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളെന്താ അപ്പൊ ജീവിതത്തിൽ ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ പണം ഉണ്ടാകുമോ എന്നാണ് അടുത്തത് ഇതുകൊണ്ട് പണം ഉണ്ടാകത്തില്ല പക്ഷെ പണം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിച്ച് പണം ഉണ്ടാകും അപ്പൊ തെറ്റാണെന്ന് പറയുന്നത് പണം ഉണ്ടാകുമ്പോൾ തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ അടുത്തും ഇവിടെയും പറയുന്നുണ്ടല്ലോ പണം വന്നു കഴിഞ്ഞു പക്ഷെ അത് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചിട്ടാണ് പക്ഷേ അവിടെ ഇത് രണ്ടും വന്നു ചേർന്നു എന്താണ് ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് മീനിങ് ഫുള്ളായില്ല എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അതേസമയം ചെയ്യുന്നവന അതിൽ കണ്ടോൺമെന്റ് ഉണ്ടായിരുന്ന അവനങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ പണം ഉണ്ടാവും അതിനെന്താകും അവൻ ദോഷവും നല്ലതാണ് മനുഷ്യന്റെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം കൂടെ ചെയ്താണ് പണ്ട് ശങ്കരായ പറഞ്ഞവന് എന്നെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷ എടുത്തിട്ട് കണ്ടന്മെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഞാൻ ഇന്നാരും തുടങ്ങുന്ന വിവിധ സമയത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യ സന്യാസ അഭിപ്രായവും ഇന്നും എന്റെ അഭിപ്രായം മാറിയിട്ടില്ല അതിന്റെ വ്യാഖ്യാനം മാറിയിട്ടില്ല ശരിയാണ് അതിനേ മാറിക്കൊണ്ടേ വ്യാഖ്യാനം ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതാർക്കെങ്കിലും ആവശ്യമായി വന്നാൽ ഞാൻ ഇത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക്